സംഗീത പ്രമാണിക്ക് ദാവീദിന്റെ ഒരു സങ്കീർത്തനം യഹോവെ ദുഷ്ടമനുഷ്യന്റെ കൈയിൽ നിന്ന് എന്നെ വിടുവിച്ച് സാഹസക്കാരന്റെ പക്കൽ നിന്ന് എന്നെ പാലിക്കണമേ അവർ ഹൃദയത്തിൽ അനർത്ഥങ്ങൾ നിരൂപിക്കുന്നു അവർ ഇടവിടാതെ യുദ്ധത്തിന് കൂട്ടം കൂടുന്നു അവർ സർപ്പം പോലെ തങ്ങളുടെ നാവുകളെ കൂർപ്പിക്കുന്നു അവരുടെ അധരങ്ങൾക്ക് കീഴെ അണലി വിഷം ഉണ്ട് യഹോവെ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് എന്നെ കാക്കണമേ സാഹസക്കാരന്റെ പക്കൽ നിന്ന് എന്നെ പാലിക്കണമേ അവർ എന്റെ കാലടികളെ മറിച്ചുകളവാൻ ഭാവിക്കുന്നു ഗർവികൾ എനിക്കായി കണിയും കയറും മറച്ചുവെച്ചിരിക്കുന്നു വഴിയരികെ അവർ വല വിരിച്ചിരിക്കുന്നു അവർ എനിക്കായി കുടുക്കുകൾ വച്ചിരിക്കുന്നു നീ എന്റെ ദൈവമെന്ന് ഞാൻ യഹോവയോട് പറഞ്ഞു യഹോവേ എന്റെ യാചനകളെ കേൾക്കണമേ എന്റെ രക്ഷയുടെ ബലമായി കർത്താവായ യഹോവേ യുദ്ധദിവസത്തിൽ നീ എന്റെ തലയിൽ ശിരസ്ത്രം ഇടുന്നു യഹോവേ ദുഷ്ടന്റെ ആഗ്രഹങ്ങളെ നൽകരുതേ നികളിച്ചു പോകാതിരിക്കേണ്ടതിന് അവന്റെ ദുരുപായം സാധിപ്പിക്കുകയുമരുതേ എന്നെ വളഞ്ഞിരിക്കുന്നവരുടെ തലയോ അവരുടെ അധരങ്ങളുടെ ദ്രോഹം അവരെ മൂടിക്കളയട്ടെ തീക്കനൽ അവരുടെ മേൽ വീഴട്ടെ അവരെ തീയിലും എഴുന്നേൽക്കാതെ കുഴിയിലും ഇട്ടുകളയട്ടെ വാവിഷ്ടാണക്കാരൻ ഭൂമിയിൽ നിലനിൽക്കിയില്ല സാഹസക്കാരനെ അനർത്ഥം നായാടി ഉന്മൂലനാശം വരുത്തും യഹോവ പീഡിതന്റെ വ്യവഹാരവും ദരിദ്രന്മാരുടെ ന്യായവും നടത്തുമെന്ന് ഞാനറിയുന്നു അതെ നീതിമാൻമാർ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യും നേരുള്ളവർ നിന്റെ സന്നദ്ധിയിൽ വസിക്കും